ചന്ത <laughs> <laughs> ചർച്ച ചെയ്യുന്നത് പിന്നെ ദേവത സർവ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന സത് സൃഷ്ടിച്ചതിൽ അനുപ്രവേശിച്ചു ദുഃഖത്തെ അനുഭവിക്കുന്നു അപ്പോ ദേവത സർവജ്ഞയാണ് സ്വതന്ത്രയാണ് ദേവത സ്വയം എന്നതിനു ഈ സൃഷ്ടിയിൽ പ്രവേശിച്ച് ദുഃഖത്തെ അനുഭവിക്കുന്നു അവിടെ ചോദിക്കുന്നത് ഒന്ന് സത്താണോ സർവജ്ഞമാണ് സ്വതന്ത്രമാണ് അങ്ങനെയിരിക്കെ സ്വയം എന്തിനു താരതന്ത്രം സ്വീകരിക്കും എങ്ങനെ സത്തായിരിക്കുന്ന ആത്മാവിന് ബന്ധനമുണ്ടാകും അത് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്നുണ്ട് അത് സർവജ്ഞനുമാണ് അതിന് സമാധാനമാണ് പറയുന്നത് ഇത് സ്വയം അസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നില്ല അപകൃതേന രൂപേണ അങ്ങനെ സംഭവിക്കുന്നില്ല മറിച്ച് സ്വരൂപേണ അല്ല അതാണ് അനേന ജീവേനാത്മനാനുപ്രവിശ്യം എന്ന് പറയുന്നത് ആ ജീവാത്മരൂപത്തി ആ സദാത്മ രൂപത്തിലല്ല ജീവാത്മ രൂപത്തിൽ അത് സംഭവിക്കുന്നു ജീവൻ എന്താണോ അതിന് സമാനം പറഞ്ഞു ആഭാസ മാത്രം അതിന് ഉദാഹരണം പറഞ്ഞു ആദർശ കണ്ണാടി പ്രതിബിംബം പതിയുന്നത് പോലെ അതടുത്ത് മനസ്സിനെ കുറിച്ചൊക്കെ ചർച്ചയും അറിയാൻ ഭൂതമാത്രങ്ങളുടെ സൂക്ഷ്മംശമാണ് അതാണ് ബുദ്ധി ആ ബുദ്ധിയുടെ സംസർഗം കൊണ്ട് പുരുഷപ്രതിബിംബം ജലാധിഷ്ഠ സൂര്യാധീനം ജലാധീന സൂര്യൻ കണ്ണാടി മുഖം അതുപോലെ അത് പറഞ്ഞു അചിന്തിയാന ശക്തിമൃത്യദേവതായ ബുദ്ധിയാതിസംബന്ധൈതന്യാസോകണനിമിത്തുഖട ഇത്യാദി അനേക വികല്പ്രോ അച്ചന്യാഭാസം ബുദ്ധിയാതിസംബന്ധം കൊണ്ടുവരുന്ന വരുന്നു അചന്യ അനന്തശക്തിമൃത്യദേവതായവും അനന്ത്യമായ ശക്തിയോടുകൂടിയതുമാണ് ബുദ്ധി സംബന്ധം വരുന്നു അവിടെ വരുന്നു ചൈതന്യാഭാസം ആ ആഭാസ എന്ത് ചെയ്യുന്നു അന്തസ്വരൂപത്തെ വിവേചിച്ചറിയുന്നുണ്ട് ആഭാസത്തിന് ഒക്കെ സംഭവിക്കുന്നു സുഖി ബുദ്ധി മൂഢ ഇത്യാദി അനേക വികല്പ പ്രത്യേകത ഇവിടെ പറയുന്നത് ആ ദേവതയിലല്ല സംഭവിക്കുന്നത് ആ ദേവതയുടെ ആഭാസത്തിലാണ് അതിന് ഛായാ മാത്രേണ് ജീവസ്വരൂപേണ അനുപ്രവിഷ്ടത്വ ദേവതീ സ്വതസ്വദുഖാദി സമ്പദ് അപ്പോ അത് കേവലം ഛായാ പ്രതിബിംബം മാത്രമാണ് എന്നുവെച്ചാൽ പ്രതിബിംബം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വാക്യാർത്ഥമല്ലല്ലോ അങ്ങനെ എടുത്തൊരു പ്രതിബിംബ സദൃശം പ്രതിബിംബം പോലെ ആത്മാവ് ബുദ്ധിയാതി സൂക്ഷ്മം അതിലാത്മാവിന്റെ പ്രതിബിംബം അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല കാരണം ആത്മാവ് രൂപരഹിതമാണ് ുദ്ധിയാദികൾ അമൂർത്തമാണ് ഇത് രണ്ടും തമ്മിലൊരിക്കലും ബിംബപ്രതിബിംബം സംഭവിക്കത്തില്ല സൂര്യൻ ജലം സൂര്യന് രൂപമുണ്ട് ജലം മൂർത്തമാണ് മുഖം കണ്ണാടി മുഖത്തിന് രൂപമുണ്ട് കണ്ണാടി മൂർത്തമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തെ ബിംബപ്രതിബിംബ സംബന്ധമുണ്ടാവും ബിംബവും പ്രതിബിംബവും ഉണ്ടാവും ഇവിടെ ബുദ്ധിയും സത്വം തമ്മിൽ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല അങ്ങനെ സംഭവിച്ചൊന്ന് വാസ്തവത്ത് ചിന്തിച്ചിട്ട് അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കരുത് കാരണം അങ്ങനെ സംഭവിക്കത്തില്ല കാരണം ബുദ്ധി അമൂർത്തമായ വസ്തുവാണ് ആത്മാവ് അരൂപിയാണ് രണ്ടും ബിംബ പ്രതിബിംബം അങ്ങനെ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് അന്ത്യ പറയുന്നത് തമ്മിലൊരു ബന്ധമുണ്ടാകുന്നു എന്താ ബന്ധം താതാഗ്മി അത് പറയാൻ ഉദാഹരണം പറയുന്നത് ഒരിടത്തെ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ആ സിദ്ധാന്തത്തിന്റെ ഏകദേശത്തെ എന്ന് വെച്ചാൽ മാത്രമേ ദൃഷ്ടാന്തത്തിന് ഉൾക്കൊള്ളാൻ പറ്റൂ ഇവിടെ അദ്വൈതത്തിന് ദൃഷ്ടാന്തം കാരണം അദ്വൈതമെന്ന് പറയുമ്പോൾ തന്നെ ഏകം അതിൽ തന്നെ എങ്ങനെ ദൃഷ്ടാന്തം വരും പക്ഷെ ദൃഷ്ടാന്തങ്ങളെല്ലാം ഈ വിചാരപ്രക്രിയയുടെ ഒരു ഭാഗം അത് മനസ്സിലാക്കാൻ വേണ്ടി പറയും അത് കേവല വ്യക്തിയെ ആശ്രയിച്ച് പറയും വാസ്തവത്തിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നാലും അതിനുവേണ്ടി പറയുന്നു കണ്ണാടിയിലെ പ്രതിബിംബം പോലെ ആ കണ്ണാടിയിലെ പ്രതിബിംബം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിലെ എന്താ ബന്ധം എന്ത് സംഭവിക്കുന്നു അവിടെ കാണുന്നവന്റെ സ്ഥാനത്ത് പുരുഷൻ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് ജീവൻ ഇതെങ്ങനെ പുരുഷനെ ബാധിക്കുന്നു പുരുഷനെ ബാധിക്കുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ് പുരുഷൻ കണ്ണാടിയിൽ നിന്ന് അകലെയാണ് പക്ഷേ അപ്പുരുഷൻ ഒരു ബാലനാണെങ്കിൽ ബാധിക്കും അത് കണ്ണാടിയാണ് അത് പ്രതിബിംബമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പശുപക്ഷി ആദികളാണെങ്കിൽ ഭ്രമിക്കും അത് കണ്ണാടിയിൽ സംഭവിച്ചിരിക്കുന്നത് തന്നിൽ സംഭവിച്ചത് അപ്പോൾ എന്തു ചെയ്യുന്നു അവിടെ എന്താ സംഭവിക്കുന്നത് പ്രതിബിംബം ആ കണ്ണാടിയോട് താതാമ്യമായിരിക്കുന്നു ആ പ്രതിബിംബത്തോട് പ്പെടും ആര് കാണുന്നു പ്രതിബിംബത്തോട് താമ്യപ്പെടുന്നു എങ്ങനെ ബുദ്ധി കൊണ്ട് താതാന്യപ്പെടുന്നു സങ്കല്പം കൊണ്ട് താതാന്യപ്പെടുന്നു അപ്പൊ എന്താണോ പ്രതിബിംബത്തിൽ സംഭവിച്ചത് അത് തന്നിൽ സംഭവിച്ചു എന്ന് എന്നിട്ട് സ്വയം വിലപിക്കുന്നു വിലപിക്കേണ്ട കാര്യമില്ല എപ്പോഴാണ് ആ വിലാപമുള്ളത് ആ പ്രതിബിംബത്താതാത്മ്യം സംഭവിക്കുന്നു മാത്രം അതുപോലെ ഈ പുരുഷൻ സ്വയം വിലപിക്കുന്നില്ല സ്വയം ദുഃഖിക്കുന്നില്ല മനസ്സിൽ ആ പ്രതിബിംബ ദുഃഖിക്കുന്നു ആ ദുഃഖം വാസ്തവമല്ല തന്നിലുള്ള ദുഃഖമല്ല വാസ്തവത്തിൽ തന്നെ ദുഃഖത്തിന് നിമിത്തങ്ങളില്ല ദുഃഖം വരേണ്ട കാര്യമില്ല പക്ഷെ എപ്പോഴാണോ ആ പ്രതിബിംബ താതാത്മ്യം ബുദ്ധിയിൽ സംഭവിക്കുന്നത് അപ്പോൾ ദുഃഖിക്കുന്നു ദുഃഖം വാസ്തവത്തിൽ എവിടെയാണ് ബിംബത്തിലാണോ അതേ പ്രതിബിംബത്തിലാണോ ബിംബത്തിൽ ദുഃഖമില്ല ഇവിടെ അങ്ങനെയല്ല കാണുന്ന ബാലം ലഭിക്കുന്നു ബിംബം അവൻ ദിക്കുന്നു പക്ഷേ ഒരാളവനെ ബോധിപ്പിക്കുന്നു ഇത് കേവലം പ്രതിബിംബമാണോ പ്രതിബിംബത്തിലാണോ ദോഷം വന്നരിക്കുന്നത് നിന്നല്ലല്ല പ്രതിബിംബമാണ് വികൃതമായത് നിന്റെ മുഖമല്ല എന്നെ ബോധിപ്പിക്കുമ്പോ അവനാ പ്രതിബിംബം താതാമ്യം നഷ്ടപ്പെടും താതാമ്യ മുക്തനായിത്തീരുന്നു അപ്പോ വാസ്തവത്തിൽ ബന്ധമോക്ഷങ്ങൾ പുരുഷനുണ്ടോ ഏത് സമയമാണോ അവൻ ആ പ്രതിബിംബത്താതാത്മികഭാവം ഉള്ളത് അപ്പോ ദുഃഖമുണ്ട് എപ്പോഴാണോ അതില്ലാതായിത്തീരുന്നത് അപ്പൊ ദുഃഖമില്ല അപ്പൊ വാസ്തവത്തിൽ പുരുഷൻ ശരി ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്നവൻ അവ ദുഃഖിക്കുന്നുവില്ലെന്നുള്ള ആ കാണുന്നവന് നേരിട്ട് ദുഃഖിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അവന് ആ താതാന്യം വന്നില്ലെങ്കിൽ വിവേകിയായ ഒരുവനാണത് കാണുന്നത് അവന് ദുഃഖമേ വരുന്നില്ല അവന് ദുഃഖം വന്നിട്ട് പോകുന്നുണ്ട് വരണ്ട് ആദ്യം ദുഃഖം വന്നിട്ടില്ല ദുഃഖമില്ലാതാകുന്നില്ല സംസാരം വന്നിട്ട് മോക്ഷം സംഭവിക്കുന്നുണ്ട് അതാണ് പുരുഷന്റെ വാസ്തവസ്ഥരി പുരുഷനെ സംസാരം ബാധിച്ചിട്ട് സംഭവിക്കുകയല്ല ഈ ചായയെ കണ്ട് അതിലൊരിക്കലും മോഹിക്കാതിരിക്കുന്നവൻ അവനാണ് ഇവിടുത്തെ പുരുഷൻ നല്ലത് സംഭവിക്കുന്നേ അതുകൊണ്ട് അവൻ എന്താണ് നിത്യമുക്തനാണ് മുക്തന്റെ ആത്മാവിന്റെ ശുദ്ധമായ വാസ്തവമായ സ്വരൂപത്തിന് ദൃഷ്ടാന്തം പറയുമ്പോൾ ഒരിക്കലും വിവേകത്തിന് അടിമപ്പെടാത്ത പക്കുമതിയായ ഒരു ആ പുരുഷനിലൊരിക്കലും അവിവേകം ഉണ്ടാകുന്നില്ല പിന്നീട് വിവേകവും വരുന്നില്ല അതാണ് ആത്മാവിന്റെ സ്വതയുള്ള നില കണ്ണാടി ഇവിടെയിരിക്കും അതിന് പ്രതിബിംബം ഉണ്ടാവും വിവേകിയായവൻ ഒരിക്കലും അതിലേക്ക് പോകുന്നില്ല അവനെ സ്പർശിക്കുന്നില്ല പക്ഷേ ബാലൻ അങ്ങനെയല്ല അവൻ അവിവേകത്തിന് അടിമപ്പെടുന്നു അവിവേകത്തിലൂടെ അവൻ എന്തു ചെയ്യുന്നു ആ കണ്ണാടിയോട് താതാമ്യപ്പെടുന്നു പ്രതിബിംബത്തോട് ഇതാണ് അജ്ഞന്റെ നില രണ്ടും രണ്ടായി മനസ്സിലാവും അപ്പൊ ആ താതാന്മ്യം സംഭവിച്ചുകഴിഞ്ഞാൽ അവിടെ താൻ വേറെ പ്രതിബിംബം വേറെ എന്നുള്ള ചിന്തയില്ല ആ പുരുഷൻ തന്നെ ആ പ്രതിബിംബത്തോട് താതാമ്യപ്പെട്ട് അതായി മാറുന്നു അവിടെ പിന്നെ തനിക്ക് സ്വന്തമായി നിലയില്ല രണ്ടും പേരെ തിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ സംശയമേ അവവേകഥാ സംഭവിക്കുന്നത് അപ്പൊ ആ പ്രതിബിംബത്തോട് പൂർണ്ണമായും താതാന്ത്യ ആ താതാന്തിക്കിടുന്ന അവസ്ഥ ആ അവിവേകം കൊണ്ട് ആ ബാലന് സ്വന്തമായൊരു നിലയില്ല ആ പ്രതിബിംബ താതാത്മ്യമില്ലാത്തൊരവസ്ഥയില്ല അവിടെ ശുദ്ധപുരുഷനില്ല നിത്യമുക്തനായ പുരുഷനില്ല ഞാനിത് വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയപ്പോരാളിതിനെ കുറിച്ചൊരു സംശയം ചോദിച്ചതിപ്പോൾ മനസ്സിൽ എന്താണ് ഇതിൻ്റെ വ്യത്യാസം ആർക്കാണോ അവിടെ ദുഃഖം വരുന്നത് പ്രതിബിംബത്തിനാണോ അതോ ബിംബത്തിനാണോ മനസ്ചോദ്യം യുക്തമാണ് അപ്പൊ ഈ രണ്ട് പുരുഷന്മാരെയും നമ്മൾ മനസ്സിലാവണം ഒന്ന് നിർമുക്തനായ പുരുഷൻ ഒന്ന് നിത്യബദ്ധനായിരിക്കുന്ന പുരുഷൻ നിത്യമുക്തനായ പുരുഷന് പക്കുമതിയായ പുരുഷന് ഉദാഹരണമായിട്ടുണ്ട് നിത്യമുക്തനായ ആത്മാവ് അവിടെ ഇത് രണ്ട് സംഭവിക്കുന്നില്ല സദാത്മിയും സംഭവിക്കുന്നില്ല അതിൽ നിന്നുള്ള വിടുതലും സംഭവിക്കുന്നില്ല ബന്ധവും മോചനം സംഭവിക്കുന്നില്ല അവൻ നിത്യസാക്ഷിയായിരിക്കുന്നു നമ്മുടെ പുരുഷന് ബന്ധമോക്ഷങ്ങളൊ നിനക്ക് വാസ്തവത്തിൽ ബന്ധം സംഭവിച്ചു അതുകൊണ്ട് നീ ഒരു മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്നല്ല ഇവിടെ പറയുന്നത് ബോധിപ്പിക്കുന്നത് നീ നിത്യമുക്തനാണ് അത് ബോധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ബാലനെ ബോധിപ്പിക്കുന്നതിലാണ് ബാലൻ ഇവിടെ പ്രതിബിംബത്തിൽ നിന്നും സ്വതന്ത്രനല്ല ്യം അതെങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ആ എന്താണ് ബന്ധം ബിംബവും പ്രതിബിംബവുമായിട്ടുള്ള ബന്ധം അതിന് താതാത്മ്യം എന്ന് പറയും താതാത്മ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു വസ്തു അതായിരിക്കുന്നതിനാണ് താതാത്മ്യം എന്ന് പറയുന്നത് ഞാനിപ്പോ ഞാനായിരിക്കുന്നത് താതാത്മ്യം ഞാൻ കസേരയിലിരിക്കുന്ന താതാത്മ്യമുണ്ട് ഇവിടെ രണ്ടുണ്ട് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട് അതിന് സംയോഗമെന്നു പറയും ഒരു സംബന്ധത്തിലിരിക്കുന്നു ഒരു വസ്തു അതായിരിക്കുന്നത് താതാമ്യം ബാലൻ അഭിവേകിയായ ബാലൻ കണ്ണാടി കാണുന്ന ആ പ്രതിബിംബത്തോട് താതാത്മ്യത്തിലിരിക്കുന്നെന്ന് പറയാൻ കാരണം ബാലന്മേര് കണ്ണാടി പേര് പ്രതിബിംബം പേര് ഇവിടെ മൂന്ന് കാര്യങ്ങളുണ്ട് ആത്മാവ് ഇന്ന് താതാത്മ്യത്തിൽ ആത്മാവിലേ ഇരിക്കാൻ പറ്റും കാരണം താതാത്മ്യം ഒന്നിന് തന്നോട് തന്നെയുള്ള സംബന്ധമാണ് തദാത്മന സ്ഥിതി അതാണ് താതാത്മ്യം തദാത്മന തസ്വരൂപേണ് തസ്വരൂപത്തെ സ്ഥിതി എന്നാണ് താതാത്മ്യം അപ്പോ വിവേകിയായ പുരുഷൻ ഈ പ്രതിബിംബത്തോട് താതാത്മ്യപ്പെടാതെ സ്വരൂപേണ സ്ഥിതി ചെയ്യുന്നു അതാണ് ശരിക്കുള്ള താതാമ്യം അവിടെ ബന്ധമോഷങ്ങളില്ല സത് തോമസി അതാണ് എന്ന് പറയുമ്പോ ആ സ്വരൂപസ്ഥിതിയാണ് ബോധിപ്പിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ മറ്റൊന്നിനോട് താതമ്യപ്പെട്ടു അതങ്ങനെ സംഭവിക്കുന്നു താതമ്യം അതിനോടേ സംഭവിക്കുന്നു ഈ താതാത്മ്യം പിന്നെ ഇതൊരു വിലക്ഷണമായ താതാത്മ്യമാണ് അതുകൊണ്ട് പറയുന്നു ഈ താതാത്മ്യം ഇത് സ്വാഭാവികമോ സഹജമായോ സംഭവിക്കുന്നല്ല ശരിക്കും ആ താതാത്മ്യത്തെ നിർവചിക്കാൻ സാധ്യമില്ല അതുകൊണ്ട് പറയും അനിർവചനീയ താതാത്മ്യം എന്ന് പറയും ബാലന് കണ്ണാടി കാണുന്ന തന്റെ ആ ഛായയുമായിട്ടുള്ള ആ ബന്ധം അത് അനിർവചനീയ താതാത്മ്യം കാരണം ഇവിടെ എട്ടാം പേരെ കണ്ണാടി പേരെ പ്രതിബിംബം വേറെ പക്ഷെ ഇവിടെ ഒന്നായി കണ്ണാടിയിലെ പ്രതിബിംബമാണെന്ന് തിരിച്ചറിയാതെ ഒരു ഏകീഭവനം സംഭവിച്ചു താതാത്മ്യം അതിനെ തന്നെ അധ്യാസം എന്ന് പറയുന്നത് അനർവചനീയ എന്ന് പറയുന്നത് ആ ബന്ധം നിർവചിക്കാൻ സാധിക്കും പക്ഷെ അങ്ങനെ ഒന്ന് അംഗീകരിച്ചേ മതിയാവും അങ്ങനെയൊന്ന് സംഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം ബാലൻ തന്റെ വികൃതമായ മുഖത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു അപ്പോൾ എന്റെ മുഖം ശുദ്ധമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു വെള്ളമെടുത്ത് മുഖം കഴുകാൻ ശ്രമിക്കുന്നു പക്ഷെ വീണ്ടും മുഖത്തെ കഴുക്ക് കാണുന്നു അപ്പോൾ വിവേകിയായ ഒരാൾ വന്ന് അവന് അവകാശം ബോധിപ്പിക്കുന്നു ബാലൻ ആ പക്വതയില്ലെങ്കിലോ ബോധിക്കുന്നതിനുള്ള ബോധിക്കത്തില്ല വീണ്ടും വാശി പിടിക്കുന്നു മുഖത്തവണിക്കും ആ പക്വത ഉണ്ടാകുമ്പോൾ ഇപ്പോഴാണ് ആ പക്വത സംഭവിക്കുന്നത് ബുദ്ധിയിൽ ആ താതാത്മ്യം വിടുമ്പോൾ അപ്പം ആർക്കാ ബന്ധനം ബന്ധനം അവിവേകിയായ പക്വുമതിയായ മനുഷ്യനല്ല ആ പക്വുമതിയായ മനുഷ്യന്റെ സ്ഥാനത്താണ് ഇവിടെ സൂര്യൻ ആത്മാവ് പക്ഷെ ഈ ബന്ധനത്തിൽ ആവപ്പെട്ടു എന്ന് കരുതുന്ന ജീവൻ ജീവനാണിതെല്ലാം ആ ജീവന്റെ സ്ഥാനത്താണ് ആ ബാലൻ ആ ബാലന് ഏത് നിമിഷമാണോ ആ താതാത്മ്യം ഇല്ലാതാകുന്നത് അതെങ്ങനെ താതാത്മ്യം ഇല്ലാതെ എങ്ങനെ ബാലന്റെ ദുഃഖം മാറും ഇവിടെ ഈ ചർച്ച തുടങ്ങുന്ന ഇതാണ് മോക്ഷം എന്ന് പറയുന്നത് ഗുണമാണോ അത് സംഭവിക്കാമോ അതിനെ തുടർന്നുള്ള ചർച്ചയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ എപ്പോഴാണോ ആ ബാലന് ആ താതാത്മ്യം നഷ്ടപ്പെടുന്നത് മറ്റേതെങ്കിലും തരത്തിലാണ് ഈ കണ്ണാടിയിലോടുള്ള താതാത്മ്യം ഒന്നുകൊണ്ട് മാത്രം നഷ്ടപ്പെടും വിവേകം ജ്ഞാനം ആണ് നിഷേധിക്കുന്നത് കർമ്മണ പ്രജയ ധനേന എന്നൊക്കെ പറയുന്നത് മറ്റൊരു അഭ്യാസത്തിലൂടെയും ആ താതാത്മ്യം നഷ്ടപ്പെടത്തില്ല സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് സംഭവിച്ചത് അങ്ങനൊരുത്തരുള്ള അവിവേകം അജ്ഞാനം അതൊന്നും നിർവചിക്കാൻ സാധ്യമുണ്ട് പക്ഷെ സംഭവിക്കുന്നു എന്ന് പറയുന്ന വാസ്തവമാണ് അതിന് കാരണം അവിവേകം ബാലന്റെ അവിവേകം അത് തന്നെയാണ് ജീവന സംഭവിച്ചിരിക്കുന്നത് അവിവേക സംഭവിക്കുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു എന്താ അനിർവചനീയം പക്ഷെ ബാലല്ലാതിരിക്കുന്ന വിവേകം ഏത് നിമിഷമാണോ വിവേകമുണ്ടാകുന്നത് ചിലപ്പോൾ സ്വയം വിവേകമുണ്ടാകാം സ്വയം പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തും തന്റെ മുഖത്ത് നോക്കും പിന്നീട് കണ്ണാടിയിൽ നോക്കും പല പരീക്ഷണ നിരീക്ഷണം നടത്തും ഏത് തരത്തിലായാലും ശരി വിവേകമുണ്ടാകും പക്വത കൊണ്ടു വളരെക്കാലം കരയും ക്രമേണ പക്വത വരുന്നു വിവേകം വരുന്നു പിന്നീട് കരയുന്നില്ല ഏതെങ്കിലും തരത്തിൽ വിവേകം കൊണ്ടേ പറ്റൂ അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം സാധ്യമാകുന്നുള്ളൂ വിവേകമല്ലാതെ വിവേകം വരുമ്പോ ആ നിമിഷം ആ താതാത്മ്യം നഷ്ടപ്പെടുന്നു ആ പ്രതിബിംബത്തോടുള്ള താതാത്മ്യം അവിടെ സംഭവിച്ചത് എന്നിലാണ് സംഭവിച്ചത് അതാണ് താതാത്മ്യം ഇവിടെ വാസ്തവത്തിൽ മാലിന്യം സംഭവിച്ചിവിടെ കണ്ണാടിയിലാണ് വാസ്തവത്തിൽ തന്റെ പ്രതിബിംബത്തിൽ പോലും അല്ല പ്രതിബിംബത്തിലാണ് സംഭവിച്ചത് പ്രതിബിംബം കേവലം ഛായ അതിലൊന്നും സംഭവിക്കുന്നത് സംഭവിച്ചത് കണ്ണാടിയിലാണ് ഉപാധിയിലാണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ തന്നെ അതിന് ഉദാഹരണം പറയും പക്ഷേ അതിനുള്ള താതാത്മ്യപ്പെട്ടതാണിവിടെ ദുഃഖത്തിന് കാരണമായത് അപ്പൊ ഏത് നിമിഷമാണോ ആ വിവേകം വരുന്നത് തന്നിൽ സംഭവിച്ചിട്ടില്ല വാസവദത്തിന്റെ ചായയിൽ പോലും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിരിക്കുന്നതെല്ലാം ആ കണ്ണാടിയിലാണ് സ്വച്ഛമായ ആദർശത്തിലാണ് ആ നിമിഷമായാൽ ആ താതാത്മ്യത്തിൽ നിന്ന് മുക്തനാകുന്നു വിവേകമുണ്ടാകുന്ന നിമിഷം അതിനാണ് പറയുന്നത് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു ആ കണ്ണാടിയിൽ ആ താതാത്മ്യത്തിൽ നിന്ന് മുക്തനായാൽ പിന്നെ സംഭവിക്കുന്നു തസ്യ താവതേവച്ഛം യാവെന്ന വിമോക്ഷി അത് സത്സമ്പത്സി കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ഉടൻ ആ നിമിഷം തന്നെ അയാൾ ബാലൻ ദുഃഖത്തിൽ നിന്ന് മോചിതനാകും എന്താ എങ്ങനെയാണ് അയാളുടെ വിവേകമുണ്ടാകുന്നത് ഇതൊന്നും തന്നിൽ സംഭവിച്ചിട്ടേ ഒരു കാലത്ത് സംഭവിച്ചിട്ടില്ല തന്നിലൊരു കാലത്തും കളങ്ക സംഭവിച്ചിട്ടില്ല ഒരിക്കലും ആ ആദർശത്തിലെ പ്രതലം തന്നെ ആ കളങ്കും തന്നെ സ്പർശിക്കത്തില്ല ഭാവിയും അത് സംഭവിക്കില്ല പൂർവ്വകാലത്ത് സംഭവിച്ചിട്ടില്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നില്ല തൃക്കാലത്തിനും സംഭവിച്ചില്ലെങ്കിൽ താൻ എന്താണോ തന്നിൽ ദുഃഖത്തിനുള്ള ഹേതുക്കളൊന്നുമില്ല താൻ അതിൽ നിന്ന് പൂർണമായും മുക്തനാണ് നിത്യമുക്തനാണോ ബന്ധമോക്ഷങ്ങൾ തന്നിൽ സംഭവിച്ചിട്ടില്ല ഇതാണ് വേഗം ജീവൻ സംഭവിക്കുന്ന വിവേകം ഇത് തന്നെ സ്വരൂപ പ്രതിഷ്ഠ അപ്പോ ആർക്കാണ് മോഷം സംഭവിക്കുന്നത് മോക്ഷം ആർക്ക് സംഭവിക്കുന്നില്ല ജീവനാണോ മോക്ഷം സംഭവിക്കുന്ന അതോ മോക്ഷം സംഭവിക്കുന്നതെന്ന് ചോദിക്കും മോക്ഷം സംഭവിച്ചിട്ടേ എന്തുകൊണ്ട് ബന്ധനം സംഭവിച്ചിട്ടില്ല ബന്ധനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെങ്ങനെ മോക്ഷം പിന്നെ ഈ സംഭവിച്ചതൊക്കെയോ അത് പറഞ്ഞാണ് അതൊരു താതാത്മ്യം സംഭവിച്ചു ഒരു അനുവചനീയ താതാത്മ്യം സംഭവിച്ചു ആ താതാത്മ്യത്തിനകത്ത് ബന്ധ മോക്ഷങ്ങളെ കുറിച്ചുള്ള ധാരണകളുണ്ടായി അതെല്ലാം ഭ്രമമായിരുന്നു എല്ലാ ബാലൻ എന്തു ചെയ്യുന്നു സ്വയം മുക്തനാണതിൽ നിന്നല്ല സദാ താൻ ഭ്രമിച്ചപ്പോഴും താൻ ഭ്രമത്തിൽ നിന്ന് മുക്തനായപ്പോഴും താതാത്മ്യപ്പെട്ടപ്പോഴും തന്നിൽ വാസ്തവത്തിൽ താതാമ്യം ഉണ്ടായിരുന്നില്ല ഇവിടെ പറയുന്നുണ്ടോ ആ ഛായ ഇവിടെ അങ്ങനെ താതാത്മ്യപ്പെട്ടപ്പോഴും വാസ്തവത്തിൽ ആ താതാമ്യം ഉണ്ടായിരുന്നില്ല എങ്ങനെ കണ്ണാടി പേര് പ്രതിബിംബം വേറെ ബാലം പേര് അതാണ് ഇവിടെ മുക്തിയെക്കുറിച്ച് പറയുന്നത് അപ്പോഴും മുക്തൻ തന്നെയായിരുന്നു നിത്യമുക്തനായിരുന്നു അത് വിവേകം കൊണ്ട് സംഭവിക്കുന്ന കാര്യം അവിവേക ദശയിൽ ഇതിനൊന്നും സമാധാനമായി ദുഃഖം ദുഃഖമായി ഇരിക്കുന്നു ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു ഇനി ബാലൻ ഇതിൽ നിന്നോ വിവേകമൊന്നും എന്നാൽ ദുഃഖത്തിനും മോചനാവുന്നുണ്ടോ ഇല്ല അങ്ങനെയുണ്ട് കരയുന്ന കുട്ടി കരച്ചില് നിർത്തിയാലും കുറച്ച് സമയം കൂടെ കരഞ്ഞുകൊണ്ടിരിക്കും പെട്ടെന്ന് നിർത്താൻ പോകത്തില്ല കണ്ണുനീര് പെട്ടെന്ന് നീക്കത്തില്ല കുറച്ചൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കും കറണ്ട് പോകുന്ന പോലെ കണ്ണുനീര് പോകത്തില്ല പെട്ടെന്ന് അന്ധകാരം വരുന്ന പോലെ ഒരു നിമിഷം അത് നില്ക്കത്തില്ല പിന്നെയോ കുറച്ച് സമയം കൂടെ അത് ഒഴുകൊണ്ടിരിക്കും ദുഃഖം വീണ്ടും തുടർന്നുകൊണ്ടേയിവന്ന വിമോക്ഷി എന്ന് ശ്രുതി പറയുന്നതാണ് വാസ്തവത്തിൽ ദുഃഖമില്ല അവന് മനസ്സിലായി പക്ഷെ അതിങ്ങനെ തുടരും അല്പസമയത്തേക്കും കുറച്ച് സമയം തുടരും എന്തുകൊണ്ട് അത് മനസ്സികാരമാണ് ഭാവവികാരത്തിപ്പെടുന്ന കാര്യമാണ് അതിന് അതിൻ്റെതായ സ്വഭാവമാണ് വാസ്തവത്തിന് അവൻ മുക്തനായെങ്കിലും വീണ്ടും അതനുവർത്തിക്കുന്നു കണ്ണുനീരും കരച്ചിലും ദുഃഖവും എല്ലാം ദുഃഖമില്ലാതെ തന്നെ ദുഃഖിക്കുന്നു ദുഃഖത്തിന്റെ ഹേതു ഇല്ലാതെ തന്നെ കണ്ണുനീര് വരുന്നു കുറെ സമയം കഴിയുമ്പോൾ അത് നിക്കും സമയം കൊടുക്കണം അത് നിൽക്കുന്നതിന് അതാണ് പറയുന്നത് യാവന്ന വിമോക്ഷി പിന്നെ മോക്ഷത്തിന് സമയത്തെ അപേക്ഷിക്കുന്നു അത് ആ ബന്ധനത്തിന്റെ ശക്തിയാണ് കാരണം അത് അത്രമാത്രം താതാത്മ്യപ്പെട്ടു പോയി ശരിയായ ഭയത്തിന് അടിവപ്പെട്ടു കഴിഞ്ഞാൽ ഭയഭേതു നിവർത്തിച്ചു ഭൂതമാണെന്ന് കഴിഞ്ഞാണ് ഭയന്നത് ശക്തമായ ഭയത്തിന് കീഴ്പ്പെട്ട് പോയി ശരി മനസ്സിലായി അത് ഭൂതമല്ല അത് വാഴയാണ് പ്രേതമല്ല എന്ന് മനസ്സിലായി പക്ഷെ ഭയം അത് വികാരങ്ങളുടെ സ്വഭാവമാണ് ശക്തമായ അത് കുറച്ച് സമയം കൂടി അത് നിൽക്കും ശരീരത്തിന് വിറയു കുറച്ച് സമയം കൂടെ നിൽക്കും ശരീരം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ വീണ്ടും തുടരും അതുപോലെ തന്നെ ഏത് വികാരവും ശക്തമായ ആനന്ദം ശക്തമായ വികാരം നിങ്ങളേതായാലും ശരി അതെന്ന് മുക്തമായാലും അത് അനുവർത്തിക്കും ജീവനെ സംബന്ധിച്ചും അങ്ങനെ ബാലനെ സംബന്ധിച്ചും അങ്ങനെ വാസ്തവത്തിൽ നിത്യമുക്തനായി ബന്ധത്തിൽ അടിമപ്പെട്ട് പക്ഷെ വീണ്ടും അത് വിവേകം വന്നിട്ട് അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് അതിനാണ് തത്വജ്ഞാനിയുടെ വ്യവഹാരം എന്നെല്ലാം പറയുന്നു അതിങ്ങനെ തുടരുന്നു മുക്തനായിട്ടും ദുഃഖിയെപ്പോലെ കാണപ്പെടുന്നു തത്വജ്ഞാനികളെ കുറിച്ച് പറയുമ്പോൾ പറയും അതെങ്ങനെ സംഭവിക്കും എങ്ങനെ അയാൾ നിത്യാനന്ദത്തിലാണെന്ന് പറയുന്നു പക്ഷേ അയാൾ ദുഃഖിക്കുന്നതായി കാണും വ്യാസം ദുഃഖിച്ചു വശിഷ്ടം ദുഃഖിച്ചു അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അത് ഇതാണ് മുക്തനായാലും മുക്തി ഗുണമാകത്തില്ലേ എന്ന ചോദ്യത്തിന് സമാനമായിട്ടാണത് പറയുന്നത് അമുഖ്യം തന്നെയാണ് പക്ഷെ അത് അനുവർത്തിക്കുന്നു അതിന് നമ്മൾ ശാസ്ത്രീയമായി പറയും ബാധ്യത അനുവർത്തിയാൽ സംഭവിക്കുന്നു പക്ഷെ അവിടെ വാസ്തവത്തിൽ ദുഃഖമുണ്ടല്ലോ അതുവരെ ദുഃഖിച്ചതുപോലെ പിന്നെ ദുഃഖിക്കും അതുവരെ ഭയന്നതുപോലെ ഇല്ല പക്ഷെ ഭയത്തിൻ്റെ ഒരു ഛായ അത് അനുവർത്തിക്കുന്നു വാസ്തവത്തിൽ ഭയപ്പെടുത്താതെ തന്നെ ഭയം നിൽക്കുന്നു തുടരുന്നു അതിനൊരു സമയം വേണം അത് ബാഹ്യമാണ് ഉള്ളിലല്ല ആന്തരികമാണ് മുക്തി ബാഹ്യമാണ് കാണുന്ന ബന്ധനം അവർ പറയുന്നത് തത്വജ്ഞാനിയും ആരോപണമാണ് പരമാർത്ഥമല്ല ആ നിലയ്ക്ക് പ്രാരബ്ധവും നിലനിൽക്കുന്നു പരമാർത്ഥത്തിൽ പ്രാരബ്ധം നിലനിൽക്കുന്നില്ല എന്തുകൊണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു ബാലനെ സംബന്ധിച്ചിടത്തോളം വിവേകം വന്നു കഴിഞ്ഞു ബാലന് പിന്നീട് അതില്ല ദുഃഖമില്ല കാണുന്നവനെ സംബന്ധിച്ച് ശരി അപ്പോ െ സംബന്ധിച്ച് കാണുന്നവനെ സംബന്ധിച്ച് മാത്രമല്ല ബാലനെ സംബന്ധിച്ചും കണിനീരുണ്ടല്ലോ കാണുന്നവനെ സംബന്ധിച്ച് മാത്രമല്ല ബാലനെ സംബന്ധിച്ചും മനസ്സിൽ നിന്ന് ദുഃഖം മാറുന്നില്ലല്ലോ കാണുന്നവനെ സംബന്ധിച്ച് മാത്രമല്ലോ ഇപ്പൊ തത്വജ്ഞാനിയിലും അതുപോലെ തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിലുണ്ടാക്കേണ്ടതല്ലേ ആ ദുഃഖത്തിന്റെ അനുകൂലത്തി സംസാരത്തിന്റെ അനുകൂലത്തി എല്ലാം തീർച്ചയായിട്ടും കാണും തത്വജ്ഞാനിയിലും അത് കാണും ദുഃഖാനുകൂടതിയും പക്ഷേ തത്വജ്ഞാനിക്കറിയാം എന്താണോ അത് തന്നിൽ നിന്ന് നിവർത്തിച്ചു കഴിഞ്ഞു ശേഷിക്കുന്നത് അതിന്റെ നിഴലിലാണ് സത്യമല്ല ബാലൻ പോലും മനസ്സിലാക്കുന്ന എന്താണോ താൻ ദുഃഖിക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും അത് തുടരുന്നു അതുപോലെ തത്വജ്ഞനെ സംബന്ധിച്ചും ദുഃഖം പ്രപഞ്ചപ്രതീതി അജ്ഞനെപ്പോലെ തന്നെ തുടരും രാഗദ്വേഷങ്ങൾ കാമക്രോധങ്ങൾ എല്ലാം എത്ര ശേഷിക്കുന്നു അത് അജ്ഞൻ്റെതുപോലെ അല്ല ദൃഢമായിട്ടല്ല അനന്തമായിട്ടല്ല അനുവർത്തിയായി ശേഷിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ശേഷിക്കും പക്ഷെ അത് അസത്യമാണെന്ന് തോന്നുന്നു അസത്യം എന്ന് പറഞ്ഞാൽ എന്താകുന്നു ബാലൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഭാവം എന്താണ് ഞാൻ ദുഃഖിക്കുന്നു എന്നിൽ ദോഷങ്ങൾ സംഭവിച്ചു എന്റെ മുഖം വികൃതമായി അതുകൊണ്ട് അവന്റെ അനുഭവം എന്താണ് എനിക്കാണ് ദുഃഖം പക്ഷെ സത്യം മനസ്സിലാക്കിയാലോ എങ്കിൽ ഞാനെന്തിനും ദുഃഖിക്കണം എന്നിൽ ദുഖമില്ല ഇത് അനുവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഹേതുകൾ ഇല്ല ഞാൻ ആ ദുഃഖത്തിൽ നിന്നും മുക്തനാണ് അതിനെക്കുറിച്ചുള്ള വിലാപം ഇല്ല അത് ശരിക്കും ബോധ്യപ്പെടും അതിന്റെ കാര്യമില്ല മറ്റത് ആദ്യം സംഭവിച്ചതിന്റെ തുടർച്ചയാണ് ബാഹ്യമായ ചിഹ്നങ്ങളെ ഇപ്പൊ ബാലൻ പോലെ എന്ത് ചെയ്യുന്നു തന്റെ ആ അനുവർത്തിയോട് താതാന്ത്മ്യപ്പെടുന്നുണ്ട് അപ്പൊ തത്വജ്ഞനോ തത്വജ്ഞനും അത് തന്നെ പ്രപഞ്ചവ്യവഹാരം ഈ പ്രാപഞ്ചികമായ ഭാവങ്ങൾ എല്ലാം അനുവർത്തിക്കുന്നുവെങ്കിലും അജ്ഞനെയും തത്വജ്ഞനേയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നതെന്താണ് തത്വജ്ഞന അതിനോട് താതാന്മ്യപ്പെടുന്നുണ്ട് അതിരുന്നോട്ടെ അതിനോട് താതും ഇവിടത്തെത്തോളം കാലം അതിനെ കൊണ്ടുള്ള ശല്യങ്ങളൊന്നുമില്ല താൻ നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു പ്രാരബ്ഭരൂപത്തിൽ വരുന്ന ഒന്നിനോടും തത്വജ്ഞന്റെ നിലയിൽ ആത്മാവിന് ഒരിക്കലും ഒന്നിനോടും ബന്ധമില്ല സ്വതസുഖദുഃഖാദി ഭിന്ന സമ്പദ്ധ്യത അതാണ് ഇവിടെ പറഞ്ഞത് ആത്മാവ് സ്വദേ സുഖദുഃഖാദികളോട് ടുന്നില്ല വിവേകമുള്ള പുരുഷൻ ഒരിക്കലും കണ്ണാടിയിലെ പ്രതിബിംബത്തോട് താതം കിടുന്നില്ല അതാണ് സ്ഥിതി പക്ഷേ ഒരിക്കൽ താതാത്മ്യ സംഭവിച്ചു എന്ന് കരുതിയാണോ എപ്പോഴാണോ വിവേകം കൊണ്ട് ആ നിന്ന് മുക്തനാകുന്നത് അതിനുശേഷം രണ്ടാമത് സംഭവിക്കുന്നത് അമ്മയെ ബാലൻ സംഭവിക്കുന്നില്ല അവൻ മുക്തനായി തന്നെ ഇരിക്കുന്നു വിവേകത്തിന് ശേഷം ആ താതാന്മ്യം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രാരബ്ധ രൂപത്തിൽ ഇതെല്ലാം അനുവർത്തിച്ചാലും ശരി തത്വജ്ഞൻ അതിനോട് താതാന്യപ്പെടുന്നില്ല എന്താണ് ആ താതാത്മ്യം എന്താണ് താതാന്യപ്പെടാതിരിക്കുക അത് അജ്ഞനറിയ എന്താണ് താതാത്മ്യം കാരണം ആ സുഖദുഃഖത്തോടെ താതാന്യപ്പെട്ട് താൻ ബന്ധനസ്ഥനാണ് താൻ സംസാരി ആണ് എന്നറിയുന്നവന്റെ അപരോക്ഷമായ അനുഭവമാണ് താതാത്മ്യം ബന്ധനം ആ അപരോക്ഷമായ അനുഭവത്തിന് കൊണ്ടാണ് അവൻ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് അവന് ആ താതാത്മ്യത്തിന്റെ ദൃഢത കൊണ്ട് ഈ സംസാരത്തിന്റെ അപരോക്ഷത മാത്രമേ അവന് ഗ്രഹിക്കാൻ കഴിയൂ ആ മുക്തിയുടെ അപരോക്ഷത അവന് ഗ്രഹിക്കാൻ പറ്റത്തില്ല ഇതിലിരിക്കുമ്പോൾ വിവേകത്തിന്റെ സഹായം കൂടാതെ അതുകൊണ്ടിരിക്കുന്നവനും ആ ദുഃഖത്തിൽ നിന്ന് നിവൃത്തിയില്ല ആ താതാത്മ്യത്തി ഇരിക്കുമ്പോൾ ദുഃഖം നിവൃത്തി സംഭവിക്കില്ല ദുഃഖം നിവൃത്തിയെക്കുറിച്ച് അവന് സങ്കല്പിക്കാനും സാധിക്കും അവൻ ചോദിക്കും എങ്ങനെ അത് സംഭവിക്കും അത് വിവേകമില്ലാത്ത ബാലന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതുപോലെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബാലന്റെ നിർബന്ധം കൂടത്തേ ഉള്ളു അവന്റെ വാശി ദുശാഠ്യം മർദ്ദിക്കത്തേ ഉള്ളു ഇവിടെ എന്താണ് അവന്റെ ദുശാഠ്യം എന്ന് പറയുന്ന കുതർക്കം ആ കുതർക്കം മർദ്ദിച്ചതെന്ന് പറഞ്ഞു അതെങ്ങനെ സംഭവിക്കും ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെനിക്ക് ദുഃഖത്തിൽ നിന്ന് വർത്തി അതുകൊണ്ട് നടക്കുന്ന കാര്യമാണോ ദുഃഖത്തിൽ നിന്ന് വർദ്ധിക്കണമെങ്കിൽ ഞാനെന്ത് ചെയ്യണം എന്റെ പ്രാണനെ നിരോധിക്കണം മനസ്സിനെ നിരോധിക്കണം അഭ്യാസങ്ങൾ ചെയ്യണം മറ്റു ചെയ്യണം കർമ്മങ്ങൾ ചെയ്യണം ഉപാസനകൾ ചെയ്യണം ഈ തരത്തിൽ ദുർ ദുർവാശി ദുശാക്ഷി അവിവേകമുള്ളിടത്തെല്ലാം ദുശാക്ഷി കാണും അപ്പോൾ അജ്ഞനെ ഇത് ബോധിപ്പിക്കുക ക്ലിഷ്ടമാണ് പക്ഷേ ആ വിവേകം സംഭവിക്കുമ്പോൾ അത് സംഭവിക്കും അജ്ഞനെ തന്നെ ഇത് സംഭവിക്കുന്നു അതെങ്ങനെ സംഭവിക്കുന്നു ബാലനങ്ങനെ സംഭവിച്ചു അപ്പോൾ ആ ദുശാഠ്യങ്ങളെല്ലാം അവസാനിക്കുന്നു അപ്പോൾ അവന് ബോധ്യപ്പെടുന്നു ഇതാണ് സത്യം പരമാർത്ഥം ഇതാണ് താൻ അതിൽ നിന്നും മുക്തനായിരിക്കുന്നു തുടർന്ന് അതിനോട് താതമ്യപ്പെടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് മുക്തിഗുണമായൊരു കാര്യമല്ല വിദ്വത അനുഭവമാണ് മുക്തി അത്താതാത്മ്യം ഉണ്ടാകാമെങ്കിൽ അതില്ലാതെയുമാകാം ഛായാമാത്രേണ അനുപ്രവിഷ്ഠ അതാണ് നമ്മൾ വിശദീകരിച്ചത് പുരുഷൻ ജല ആദർശത്തിൽ കണ്ണാടിയിൽ ആദിത്യൻ ജലത്തിൽ ഛായാ മാത്രമാണ് അനുപ്രവിഷ്ട അതെല്ലാം അതിൽ പ്രവേശിച്ചു എന്നൊക്കെ പറയുന്നെന്താണ് ആ ഛായയെ സ്വീകരിച്ചു കൊണ്ട് പറയുകയാണ് എന്നുവെച്ചാൽ ഇവിടെ ദന്തം മോക്ഷം എല്ലാം ചർച്ച ചെയ്യുന്നത് കേവലം ആ ജീവഭാവത്തെ സ്വീകരിച്ചുകൊണ്ട് ആ ജീവഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ് അല്ലാതെ ആ ബിംബഭാവത്തിൽ പരമാത്മഭാവത്തിലൊന്നുമില്ല ജീവഭാവത്തിൽ എല്ലാം ഉണ്ട് ആദർശാദി ദോഷീർണസമ്പത അപ്പോൾ ആ അനുപ്രവേശം എന്ന് പറയുന്നത് ആ ഛായാഭാവം പിന്നെ അതിനോട് വരുന്ന താതാത്മ്യം അതിനോട് വരുന്ന സുഖദുഖാദികൾ അതിനോട് ചേർന്ന് വരുന്ന ബന്ധമോക്ഷങ്ങൾ എല്ലാം ഈ അനുപ്രവേശത്തിന്റെ ഭാഗമാണ് അതൊക്കെ അവിടെ സംഭവിക്കുന്നു ബാലതല്ല സംഭവിക്കുന്നു ബാലൻ ആ താതാമ്യപ്പെട്ട ബാലൻ ഈ ജീവന്റെ സ്ഥാനത്താണ് പക്ഷെ അവനെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന വിവേകിയോ സൂര്യന്റെ സ്ഥാനത്ത് പരമാത്മാവിന്റെ സ്ഥാനത്ത് അവനാണ് പക്ഷേ ദോഷയിരുന്ന സമ്പദ്ധ്യത ആ സമയത്ത് ആ അത് സംഭവിക്കുന്നുണ്ടോ ുഃഖം വന്നു വിചാരിച്ച് ഉപയോഗിക്കുവരുന്നുണ്ടോ ഇല്ല ആ ദൃഷ്ടാന്തത്തെ അങ്ങനെ മനസ്സിലാകും അതുപോലെ തന്നെ ഈ ദേവത മുമ്പ് പറഞ്ഞ ശക്തിയുള്ള സർവജ്ഞനായിരിക്കുന്ന ഈ ദേവത ഇതിലേക്ക് ചാടുന്നില്ല അങ്ങനെ സംശയിക്കണ്ടോദിക്കുന്ന ചോദ്യമാണ് നിത്യമുക്തനായിരിക്കുന്ന ആത്മാവ് എന്തിനു ബന്ധനത്തെ അതിന്റെ സമാധാനമാണ് പറയുന്നത് ആ ബന്ധനം വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല എങ്ങനെ ഉണ്ടാക്കുന്ന ചോദിച്ചാൽ നമ്മുടെ മനസ്സിലെന്താണ് വാസ്തവത്തിനും ബന്ധനം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അതിൽ നിന്നും മോചിക്കണം ഈ ധാരണ മനസ്സിരിക്കുന്നോണ്ട് രോഗിക്കുന്നത് എങ്ങനെ ബന്ധനം അതിൽ പെട്ടു ബന്ധനത്തിന് ബന്ധനത്തിലുള്ള സത്യത്വബോധം കൊണ്ടാണ് ആ ചോദ്യം വരുന്നത് ബന്ധനത്തിലുള്ള ആ സത്യത്വബോധത്തെ നിരാകരിച്ച പിന്നെ ചോദ്യമില്ല സത്യത്വബോധത്തെ നിരാകരിക്കുമ്പോ എന്ത് വരുന്നു ബന്ധനം വാസ്തവത്തിൽ സംഭവിച്ചിട്ടേയില്ല പിന്നെങ്ങനെ ചോദിക്കാൻ കഴിയും എന്നാണ് ഈ ചോദ്യം നിലനിൽക്കുന്നില്ലേ അസത്യമായി നിലനിൽക്കുന്നില്ല നിലനിൽപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വരുന്നത് സത്യമാണ് സത്യമായി നിലനിൽക്കുന്നില്ല പിന്നെ എങ്ങനെ നിലനിൽക്കുന്നു ഭ്രാന്തമായി നിലനിൽക്കുന്നു ഭ്രാന്തമായി നിലനിൽക്കുന്നു പറഞ്ഞാൽ അത് തന്നെ മോശം ബന്ധം ഇല്ലെന്നാണ് പിന്നെ ചോദ്യത്തിന് അവകാശം നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിന് അവകാശമില്ലാന്ന് ബോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ നിന്നും മുക്തനായി അത് തന്നെ മുക്തി ആ ചോദ്യത്തിന്റെ സമാധാനത്തിലൂടെയല്ല മുക്തി ആ ചോദ്യം തന്നെ നിലനിൽപ്പില്ല എന്നുള്ള മുക്തി ചോദ്യത്തിന്റെ സമാധാനത്തിലൂടെ മുക്തി വരണമെങ്കിൽ എന്ത് വേണം ചോദ്യം വാസ്തവമായിരിക്കണം ആ സമാധാനവും വാസ്തവമായിരിക്കണം ഇവിടെ തന്നെ പറയുന്നത് അങ്ങനെ ഒരു ചോദ്യത്തിനെ പ്രസക്തിയില്ല ബന്ധനത്തിനെ പ്രസക്തിയില്ല അതിന്റെ മോക്ഷത്തിനെന്താ പ്രസക്തി പിന്നെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നുണ്ടോ അത് വിവേകമാണ് വിവേകമാണ് സംഭവിക്കേണ്ടത് വിവേകത്തെ സ്വീകരിക്കുന്ന ഒരാൾ തയ്യാറല്ലെങ്കിൽ പിന്നെ വിവേകം അയാളിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു വഴിയില്ല ഒരു കുട്ടിയെ മുദ്രനെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് കുട്ടിക്കത് ബോധ്യമായില്ലെങ്കിൽ അതിനെന്ത് കാരണമായി കൊള്ളട്ടെ ബോധ്യമാകുന്നില്ല കുട്ടി വീണ്ടും ദുർവാശിയിലാണ് അതിനെന്താ വഴി അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് പറയുന്നു എന്ന സമ്പദ് മാത്രമാണ് അനുപ്രവിഷ്ഠ കേവലം ഛായാ രൂപത്തിലാണത് പ്രവേശിച്ചിരിക്കുന്നത് ദോഷത്താൽ അത് സംബന്ധിക്കുന്നില്ല ഇതുതന്നെ സൂര്യന്റെ ദൃഷ്ടാന്തത്തിന് സൂര്യൻ മുക്തമായിരിക്കുന്നു പക്ഷേ ഉദകത്തിൽ ജലത്തിലെ പ്രതിബിംബത്തിൽ സൂര്യനും സൂര്യന്റെ ബിംബത്തിന് ഭംഗം വന്നതായി കാണുന്നു സൂര്യൻ അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിൽക്കുന്നു ഇവിടെ ജലത്തിൽ സൂര്യൻ നൃത്തം ചെയ്യുന്നു വാസ്തവത്തിൽ ഇരുന്ന് സൂര്യന് സൂര്യൻ സദാ നിധിമുക്തനായി തന്നെ നിൽക്കുന്നു എന്നാണ് പ്രതിബിംബത്തിലെല്ലാം സംഭവിക്കുന്നു എന്ന് സൂര്യനിൽ നിന്നും പ്രതിബിംബത്തിൽ നിന്നും മാറി നിന്ന് പ്രതിബിംബത്തെ കാണുന്നുവെന്ന് തോന്നുന്നു മൂന്നാമതൊരാൾക്ക് തോന്നുന്നു ആ മൂന്നാമതൊരാളിന്റെ സ്ഥാനത്താണ് ജീവൻ ആ സൂര്യന്റെ സ്ഥാനത്താണ് പ്രതിബിംബം പരമാത്മാവ് സൂര്യന്റെ സ്ഥാനത്ത് നുഭവിക്കുന്നത് ഞാൻ കാണുന്നവൻ ഇവിടെ ദൃഷ്ടാന്തത്തിൽ രണ്ടേ ഉള്ളു ഒന്ന് സൂര്യനും ഒന്ന് പ്രതിബിംബം ഇവിടെ മൂന്ന് പേരുണ്ട് ഒന്ന് സൂര്യൻ ഒന്ന് പ്രതിബിംബം കാണുന്നവൻ അതാഷ്ടാന്തീയത്തിനും ആ മൂന്ന് പേര് പരമാത്മാവ് പരമാത്മാവിന്റെ പ്രതിബിംബം ആ പ്രതിബിംബത്തിന്റെ സുഖ ദുഃഖങ്ങളെ അനുഭവിക്കുന്നു പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ് ആ ജീവാത്മാവ് തന്നെയാണ് സദാ താൻ താനെന്ന് തന്നെ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ഈ ജീവൻ തന്നെ അനുഭവിക്കുന്നവനും അനുഭവിക്കുന്നവന്റെ വിഷയനും വിഷയവുമായിരിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് പ്രതിബിംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിബിംബം തന്റെ മുമ്പിൽ താൻ പ്രതിബിംബത്തെ കാണുന്നവനായിരിക്കും ഇവിടെ ജീവാത്മഭാവം ആ ജീവാത്മഭാവത്തിൽ അതിനെ കാണുന്ന മുൻ ആ ജീവൻ തന്നെ ഒന്ന് തന്നെ രണ്ട് റോഡ് കൊടുക്കുന്നു ഒരാൾ തന്നെ ജീവൻ തന്നെ ഭോക്താവും ഭോഗ്യവുമായിരിക്കും ജീവൻ ദൃഷ്ടാവും ദൃശ്യവുമായിരിക്കും അതിലേ നമ്മൾ കാണുന്നത് ഞാൻ എന്നിലെ സുതുക്കങ്ങളെ അനുഭവിക്കുന്നു ഞാൻ എന്നെ എന്നിലെ ബന്ധമോക്ഷങ്ങളെ അനുഭവിക്കുന്നു ഇവിടെയുണ്ട് മൂന്ന് പേർ ജീവൻ തന്നെ രണ്ടു ഭാഗവും സ്വീകരിച്ചു അപ്പൊ എന്നിലുള്ള സുഹൃത്തുക്കങ്ങൾ ഞാൻ പറയുന്നു എന്നിൽ സുഖം എന്നിൽ ദുഃഖം എന്നിലുള്ള സുഹൃത്തുക്കങ്ങൾ ഞാൻ അനുഭവിക്കുന്നു ആരാണ് ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ ആ പ്രതിബിംബം തന്നെ ആ ചിത് പ്രതിബിംബം തന്നെയാണ് ഞാൻ ആ എന്നിൽ സുഖതുക്കങ്ങൾ ആരനുഭവിക്കുന്നു ഞാൻ തന്നെ ആ ചിത് പ്രതിബിംബത്തിലെ അഹന്താത്താതാത്മ അഹംഭാവം അഹംഭാവമാണ് ആ ചിത് പ്രതിബിംബത്തിന്റെ ജീവസ്ഫുരണം ആണ് അഹംഭാവം ആ ജീവസ്ഫുരണമായ അഹംഭാവമായി നിന്നുകൊണ്ട് ഈ പ്രതിബിംബത്തിൽ ചിത് ജീവാത്മാവ് അതിലെ സുഖദുഖങ്ങൾ അനുഭവിക്കുന്നു ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പരമാത്മാവിധ നിന്നും മുക്തനായിരിക്കുന്നു സൂര്യന്റെ സ്ഥാനത്തേക്കുന്നു അപ്പോൾ ഇവിടെയുണ്ട് മൂന്ന് എങ്ങനെയാണോ ദൃഷ്ടാന്തത്തിൽ മൂന്നുള്ളത് അതുപോലെ ഇവിടെയുണ്ട് അപ്പോൾ ദൃഷ്ടാന്തത്തിൽ മൂന്നെന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നവൻ വേറെ ഉദകം വേറെ പ്രതിബിംബം വേറെ സൂര്യന്മേറെ അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ എങ്ങനെയാണ് മൂന്നെന്ന് ചോദിച്ചു ഇവിടെ അതുപോലെ വേറെ വേറെ എണ്ണമുണ്ട് ഇവിടെ പരമാത്മാവ് മേരെ ഉദകത്തിന്റെ സ്ഥാനത്ത് നേരത്തെ ഭാഷകാരൻ പറഞ്ഞതുപോലെയുള്ള അന്ധകരണം അന്ധകരണത്തിൽ പ്രതിബിംബ സൂര്യന്റെ സ്ഥാനത്ത് ജീവാത്മാവ് ഇവിടെ കാഴ്ചക്കാരന്റെ സ്ഥാനത്ത് ഈ ആരാ കാണുന്നത് വേറെ ആരെങ്കിലും പറയാൻ പറ്റുമോ അഹം ഞാനാണ് കാണുന്നത് അപ്പോൾ ആ ജീവാത്മഭാവത്തിൽ സ്ഫുരിക്കുന്ന അഹംബോധം ദൃഷ്ടാവായിരുന്നു എന്നിട്ട് അതിൽ തന്നെ വരുന്ന ഈ ബന്ധനത്തെ അല്ലെങ്കിൽ സംസാരത്തെ അനുഭവിക്കുന്നു അതിൽ തന്നെ വരുന്ന സുതുക്കങ്ങളെ അനുഭവിക്കുന്നു എന്നിട്ടെന്ത് വരുന്നു ഇതെല്ലാം വാസ്തവത്തിലുള്ള തന്നിൽ സംഭവിക്കുന്നു വാസ്തവത്തിലുള്ള തന്നാ പരമാത്മഭാവമാണ് തന്റെ ആധാരം അല്ലെങ്കിൽ അധിഷ്ഠാനം ആ പരമാത്മ സ്വരൂപമാണ് അതിനോടുള്ള ബന്ധം വിട്ടിട്ടല്ല തനിധി അതിൽ നിന്നുള്ള ബന്ധം പൂർണ്ണമായി വിടാൻ പറ്റത്തില്ല അവിടെയെന്നാണ് തുടങ്ങുന്നത് വിസ്ഫരണം ആരംഭിക്കുന്ന അവിടെ സൂര്യ ബിംബത്തെ വിട്ടിട്ട് പ്രതിബിംബത്തിന് നീക്കാൻ പറ്റില്ല ആ പ്രതിബിംബം താഴെയാണ് ജലത്തിലാണ് സൂര്യനങ്ങ് മുകളിലാണ് അതല്ല ശരി പക്ഷേ ഒരിക്കലും ബിംബത്തെ വിട്ടിട്ട് പ്രതിബിംബത്തിന് നീക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രതിബിംബം ബിംബത്തിൽ ലയിച്ചു എന്ന് പറയും പ്രതിബിംബം വെള്ളത്തിലല്ലേ ബിംബം ആകാശത്തിലല്ലേ ഇതെങ്ങനെ അതി ലയിക്കുന്ന ചോദിച്ചു കാരണം ബിംബത്തെ വിട്ടിട്ട് പ്രതിബിംബത്തിന് നില്ക്കാൻ പറ്റില്ല നമ്മൾ ദേശം കൊണ്ടതിന് ഭേദം കല്പിക്കുകയാണ് അത് ആകാശ ഇത് ജലദേശത്ത് ഇത്രയും ദൂരെ നിൽക്കുകയാണ് ഇതെങ്ങനെ അതിൽ പോയി എന്നൊക്കെ ചോദിച്ചു ലയിക്കുമെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം ദീവാത്മാവ് പരമാത്മാവ് ലയിക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ താല്പര്യം കാരണം അതിനെ വിട്ടുനിക്കാൻ പറ്റുന്നില്ല നമുക്ക് ബിംബത്തിൽ നിന്ന് ബിംബത്തിനെ മാറ്റിയിട്ട് ഇത് പ്രതിബിംബമാണെന്ന് എടുത്ത് കാണിക്കാൻ വളരെ ദൂരത്തിലാണ് സൂര്യനെങ്കിലും പ്രതിബിംബം സൂര്യനോട് താതാത്മ്യത്തിയിരിക്കുന്നു ദേശം കൊണ്ട് അകലെയാണെങ്കിലും ആ താതാത്മ്യം വേർഭിരിക്കാൻ സമർത്ഥനായ ശ്രദ്ധിക്കും ബിംബത്തിൽ നിന്ന് പ്രതിബിംബത്തെ വേർതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വേർതിരിവ് ഒരിക്കലും സംഭവിച്ചിട്ടേ ഇല്ല അത് തന്നെ ഇവിടെ ആ പരമാത്മാവിൽ നിന്ന് വൈദ്യവാത്മഭാവം അതിലുണ്ടായ അഹംസ്ഫുരണം ദ്രഷ്ടൃഭാവം ഇതിനൊന്നും ഒരിക്കലും വേറൊരുത്തിരിവ് സംഭവിച്ചിട്ടില്ല ഇവിടെ രണ്ടായിട്ടില്ല അതുകൊണ്ട് പറയുന്നത് ഇതെല്ലാം അതിൽ വിലയിക്കുന്നു ബ്രഹ്മേദി വിലയതയും എല്ലാം ബ്രഹ്മമായി വിലയും പ്രാപിക്കുന്നു എന്ന് പറയുന്ന അർത്ഥത്തിലാണ് പ്രതിബിംബം ജലത്തിൽ നിന്ന് യാത്ര ചെയ്ത് സൂര്യനിലെത്തി ഒന്നാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അത് താതാന്യമാണ് അതിന്റെ ബന്ധം ഇത്രയും ദൂരത്തിൽ അങ്ങനെ താതാന്യം സംഭവിച്ചത് അത് നിർവചിക്കാൻ സാധ്യമല്ല കാരണം ആ അനുവചനീയ ഭാഗമാണ് ഈ ബുദ്ധി ചിന്ത യുക്തി എല്ലാം അതിന്റെ ഭാഗമാണ് അതുകൊണ്ട് അതിന്റെ ഭാഗമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ഇതിനെ നിർവചിക്കാൻ പറ്റും അതിന് സ്വതന്ത്രമായി ഒരു ബുദ്ധി ഇല്ലിതാത്മാ അതിന്റെ പ്രതിബിംബമായി വന്ന ജീവാത്മാ അതിൽ വന്ന അഹംസ്ഫുരണം അതിനോട് ചേർന്ന് നിൽക്കുന്ന ബുദ്ധിയാതി കർമ്മങ്ങൾ ഇവിടെ ഇതെല്ലാം കൂടി അനിർവചനീയമായിരിക്കുന്നു നിർവചിക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിരിക്കുന്ന ബുദ്ധിയൊണ്ട് എങ്ങനെ ഇതിനെ നിർവചിക്കും നിർവചിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതിങ്ങനെ സംഭവിക്കുന്നു ഇവിടെയും പലതായി തീരുന്നു ഒന്ന് തന്നെ പലതായി തീരുന്നു അവിടെ സൂര്യന് ബാഹ്യമായ ഉദകത്തെ ആശ്രയിക്കേണ്ടി വന്ന് ഇവിടെ പരമാത്മാവിലാണെങ്കിലോ അന്ധക്കരണം പോലുള്ള ഉപാധികളെ ആശ്രയിക്കേണ്ടി വന്നു ബാഹ്യമായ പരമാർത്ഥത്തിൽ ബാഹ്യമല്ല പക്ഷെ പ്രതീതിയിൽ ബാഹ്യമായി അത് തന്നെ സ്വയം അതിനെ പ്രതീതമാക്കി അത് തൃഷ്ടു പ്രാവശ്യം എന്ന് പറയും സ്വയം അതിനെ തന്നെ അത് പ്രതീതമാക്കി അങ്ങനെ സംഭവിക്കുന്നു ബുദ്ധിക്ക് ബുദ്ധിക്കുള്ളിലേക്ക് കടന്നേ എല്ലാം പറ്റത്തില്ല ആത്മാശ്രയദോഷം വരും അതുകൊണ്ടാണ് അവിടെയെല്ലാം അനിർവചനീയമെന്ന് പറയുന്നു നിർവചിക്കാൻ അസാധ്യമാണ് അപ്പോൾ എവിടെ നോക്കിയാലും ശരി ആദർശ ദൃഷ്ടാന്തത്തെ നോക്കിയാലും ശരി ഉദക ദൃഷ്ടാന്തത്തെ നോക്കിയാലും ശരി ഈ താതാത്മ്യവും ആ താതാത്മ്യത്തിന്റെ രീതിയിലുള്ള സംസാര ബന്ധനവും ദുഃഖവും അതിൽ നിന്നുള്ള മോചനവും എല്ലാം സ്പഷ്ടമാണ് തദ്വദേവതാത്മി അതുപോലെ തന്നെയാണ് ഈ ദേവതയില് സംഭവിക്കുന്നത് മുക്തി എന്ന് പറയുന്നത് ഗുണമല്ല അത് വിത അനുഭവസിദ്ധമാണ് അജ്ഞാനുഭവസിദ്ധമല്ല അജ്ഞനെ സംബന്ധിച്ച് അത് എപ്പോഴും ചോദ്യങ്ങളിലൂടെ നീക്കത്തുള്ളു അതിനു പ്രമാണത്തെ പറയുന്നു സൂര്യോ യഥാ സർവ ലോക ചക്ഷുർണലിപ്യതേ ചാക്ഷുഷർ ബാഹ്യദോഷേ തഥാ സർവഭൂതാന്തര ന ലിപ്യതേ ലോകദുഃഖേന തന്നെ വളരെ സ്പഷ്ടമായി ശ്രുതിയും പറയും സൂര്യ യഥാ സർവലോക ചക്ഷു സൂര്യൻ സർവലോകരുടെയും എന്ന് വെച്ചാൽ സർവപ്രാണികളുടെയും ചക്ഷുവായിരിക്കുന്നു സൂര്യൻ സർവലോകരുടെയും കണ്ണായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യനാണോ കണ്ണല്ല സർവകണ്ണിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമായിരിക്കുന്നു സൂര്യന്റെ പ്രകാശമുണ്ടെങ്കിലേ കണ്ണിന് പ്രകാശിക്കാൻ പറ്റും കണ്ണിന്റെ ലോകദൃഷ്ടി ലോകത്തെ കുറിച്ചുള്ള കാഴ്ച സൂര്യദൃഷ്ടി ആശ്രയിച്ചിട്ടാണ് സൂര്യനാകുന്ന ദൃഷ്ടി പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് കാഴ്ച അതുകൊണ്ട് പറയുന്നു സൂര്യോ യഥ സർവ ലോകസേ ചോദിപ്പിരി ചാക്ഷുഷി ബാഹ്യദോഷി അത് ചാക്ഷുഷമായ ദോഷങ്ങളാൽ അത് ലിപ്തമാകുന്നില്ല അതിനെ ബാധിക്കുന്നില്ല സൂര്യൻ പ്രകാശ രൂപത്തിൽ കണ്ണിനെ അനുഗ്രഹിച്ചുകൊണ്ട് അത് കണ്ണായി തന്നെ വർദ്ധിക്കുന്നു കാരണം കണ്ണും തേജസ്സമാണ് ചക്ഷുരേന്ദ്രിയും തേജസ്സമാണ് സൂര്യനും തേജസ്സമാണ് അത് കൂടിച്ചെറിഞ്ഞിട്ടാണ് ചാക്ഷിഷ പ്രത്യക്ഷത ഉണ്ടാകുന്നു അതിന് ഏകമായ സ്വഭാവമാണ് പ്രകാശം പ്രകാശം എന്നുള്ള സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട് പക്ഷെ മാറ്റം വരുന്നതുകൊണ്ട് എന്താണ് വർണ്ണങ്ങൾ അതിന് മാറ്റം വരുന്നു മാറ്റം വരുന്ന ഒന്നും അതിന്റെ സ്വഭാവമല്ല പ്രകാശമാണ് സൂര്യന്റെ സ്വഭാവം വർണ്ണങ്ങളാണെങ്കിലും മാറുന്നതാണ് പല വർണ്ണങ്ങൾ പ്രകാശത്തെ കാണുന്നു ആ വർണ്ണങ്ങൾ ആ പ്രകാശത്തെ ബാധിക്കുന്നില്ല നമ്മൾ പറയും ചുവന്ന നിറം മഞ്ഞ നിറം വെള്ളനിറം ചുവന്ന പ്രകാശം മഞ്ഞ നിറമുള്ള പ്രകാശം ഇങ്ങനെ പറയും പ്രകാശ ഏക രൂപത്തിലാണ് ചുവപ്പപ്രകാശം മഞ്ഞപ്രകാശം അങ്ങനെയല്ല കാണുന്നതോ കാണുന്നത് എന്താ കാണുന്നത് എല്ലായിടത്തും പ്രകാശം മാത്രം മാറുന്നത് അതിൻ്റെ സ്വഭാവമല്ല സ്വഭാവത്തിന് മാറാൻ പറ്റത്തില്ല മാറാതിരിക്കുന്ന സർവത്ര എന്താണ് പ്രകാശമാണ് വർണ്ണങ്ങൾ മാറുന്നു പ്രകാശത്തിന് അത് ഒന്ന് ചെയ്യാൻ സ്പർശിക്കാൻ കഴിയും പ്രകാശം നിസ്സംഗമാണ് അത് സൂര്യനാകുന്ന പ്രകാശമായാലും ശരി ചക്ഷുഷാകുന്ന പ്രകാശമായാലും ശരി അത് ഈ വർണ്ണദോഷങ്ങളാൽ ബാധിക്കാതിരിക്കുന്നു അതുപോലെ തന്നെ പ്രകാശത്തിനെങ്ങനെയാണോ ഇതേതിനോട് യോജിപ്പിക്കും അനുകൂലമായതിനെ ചക്ഷ കാണുന്നു സൗന്ദര്യത്തെ കാണുന്നു പ്രതികൂലമായതിനെ കാണുന്നു വൈരുഖ്യത്തെ കാണുന്നു സൗന്ദര്യവും വൈരുഖ്യവും ദുഷ്ടിയെ ബാധിക്കുന്നില്ല അത് ബാഹ്യമാണ് ദർശനത്തെ ബാധിക്കുന്നില്ല എന്നുഷേ ബാഹ്യദോഷേഹി അത് പ്രകാശത്തിന്റെ സ്ഥിതി അതാണെങ്കിൽ സത്തിന്റെ സ്ഥിതി അത് തന്നെ ആ സത്താണ് ജ്ഞാനമായി പ്രകാശിക്കുന്നത് ആ ജ്ഞാനമാകുന്ന പ്രകാശത്തിൽ ബാഹ്യമായി വരുന്ന പ്രതീതികൾ അതിനെ ബാധിക്കുന്നില്ല സുഖപ്രതീതി ദുഃഖപ്രതീതി അനുകൂല പ്രതികൂല പ്രതീതികൾ അനന്തമായ പ്രതീതികൾ വരുന്നു അതൊന്നും കേവലമായ ആ പ്രകാശത്തെ ജ്ഞാനപ്രകാശത്തെ ബാധിക്കുന്നില്ല അതിന് സൂചന ബാധിക്കുന്നില്ല എന്നുള്ളത് മോക്ഷം സ്വഭാവമാണെന്ന് കാണിക്കുകയാണ് ഇവിടെ ഏകസ്ഥത സർവഭൂതാന്തരാത്മാ അതുകൊണ്ട് സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന ഏകൻ വാസുദേവ സർവമിതി എന്ന് പറഞ്ഞ ഏകൻ പരമാത്മാവ് പിന്നെ രണ്ടില്ല ജീവാത്മാവ് പരമാത്മാവ് അങ്ങനെ രണ്ടില്ല സർവപ്രാണികളുടെയും അന്തരാത്മാവായിരിക്കുന്നവൻ പ്രദേശ അർജുന തിഷ്ടി എന്നെല്ലാം പറഞ്ഞു അത് അവൻപ്യതേ ലോകദുഃഖേന ബാഹ്യ അവൻ ലോകദുഃഖത്താൽ അവൻ ലിപ്തനാകുന്നില്ല മോക്ഷസിദ്ധമായിരുന്നു അല്ലാതെ ബന്ധനത്തിൽ നിന്നും മോചിക്കുന്നതല്ല മോക്ഷമെന്ന് പറയുന്നത് ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ പോയി ഒരിക്കലും സാധിക്കില്ല എന്തുകൊണ്ട് ബന്ധനമെന്ന് പറയുന്നത് സംഭവിക്കാമെങ്കിൽ മോചനം ഒരിക്കലും സംഭവിക്കത്തില്ല മോചനം സംഭവിച്ചാൽ വീണ്ടും ഇതേനെ സംഭവിക്കും ബന്ധനം തന്നെ സംഭവിക്കും കാരണം ബന്ധനം എന്തായാലും സംഭവിച്ചു കഴിഞ്ഞല്ലോ ഇനി എപ്പോഴും സംഭവിക്കാം ഒരിക്കലെ ഓരോനെ ബന്ധിച്ച് അവനാതിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ വീണ്ടും ബന്ധിക്കാം ബന്ധനമുള്ളിടത്തോളം മോചനവും വരും മോചനമുള്ളടത്തോളം ബന്ധനം വരും അപ്പോൾ ബന്ധനം അത് അംഗീകരിച്ച നിത്യമുക്തി അംഗീകരിക്കാൻ കഴിയാത്തത് നമ്മൾക്കൂടെ പറയുന്നു അതില്ല എന്നാ നിത്യതേ ബന്ധനമേ സംഭവിക്കുന്നില്ല ഇതാണ് വിവേകം ബന്ധനം സംഭവിക്കുന്നുവരുന്നു അവിവേകം അപ്പം നമ്മുടെ മോക്ഷയത്നങ്ങളെല്ലാം അവിവേകത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് ബന്ധനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അതൊരിക്കലും മോക്ഷത്തിന്റെ വഴിയല്ല മുക്തിയുടെ വഴിയല്ല ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ മുക്തി ഗൗണമായി പോവും മുഖ്യമായി അങ്ങനെ ഒരു മുക്തി സംഭവിക്കത്തില്ല നമ്മൾ ബന്ധനത്തിൽ നിന്ന് മോചിക്കും വീണ്ടും ബന്ധനത്തിൽ വരും അതാണ് നമുക്ക് സംഭവിക്കുന്നത് വിവേകം കൂടാതെ മോദിച്ചു കഴിഞ്ഞാൽ മോക്ഷം താത്കാലികമാവും അത്യന്തിക ദുഃഖം നോക്കുകയായി സംഭവിക്കത്തില്ല ഇവിടെ എന്താണ് പറയുന്നില്ല ലിപ്യതയെ ബന്ധിക്കുന്നില്ല ലോക ദുഃഖേന ബാഹ്യഹ ഇവിടെ ഈ ജീവനെ കുറിച്ച് തന്നെ പറയുക സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന അവൻ ആ ജീവൻ ഏതൊരുവനാണോ ഈ ബന്ധനത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മോചനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ബന്ധ മോക്ഷങ്ങളെ സംബന്ധിച്ച് അവന് വേണ്ട വിവേകത്തെ കുറിച്ച് പറയണം ഇതാണാ വിവേകം ബന്ധിക്കുന്നില്ല ബന്ധിക്കുന്നില്ല എന്ന് ഗ്രഹിച്ചിട്ട് വീണ്ടും ബന്ധനത്തിൽ നിന്നുള്ള മോക്ഷത്തിന് ആരെങ്കിലും ശ്രമിക്കൂ ബന്ധിക്കുന്നില്ല എന്ന് ശ്രുതി ബോധിപ്പിക്കുമ്പോ ബന്ധത്തിൽ നിന്നുള്ള മോക്ഷത്തിന് എങ്ങനെ ശ്രമിക്കും അതാണ് പറയുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ മോചനം ദുഃഖത്തിൽ നിന്നുള്ള മോചനം അത് എന്നിൽ സംഭവിക്കുന്നില്ലല്ലോ വേണ്ട ഒരാൾക്ക് പരാതി വീണ്ടും പഴയ സ്ഥലത്തേക്ക് എന്നെ കാര്യങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷെ മോചനം എന്നും സംഭവിക്കുന്നില്ലല്ലോ ഇതാണ് ചോദ്യം ചോദിക്കുന്നത് താല്പര്യം എന്താണോ നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ മോചനം എന്നും സംഭവിക്കുന്നില്ലല്ലോ അതാണ് ചോദ്യം ശങ്കരം പിന്നെയും തെങ്ങിത്തന്നെ മോചനം എന്നിൽ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് മനസ്സിലായില്ല എന്തുകൊണ്ട് മോചനം എന്നിൽ സംഭവിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ ബന്ധനത്തെ അംഗീകരിക്കും അല്ലാതെ അങ്ങനെ ചോദ്യം സാധ്യമാവും സ്വയം ബന്ധനത്തെ സ്വീകരിച്ചിട്ട് പിന്നെ മോചനം സംഭവിക്കുന്നില്ല എന്ന് വിലപിച്ചിട്ട് എന്താ സ്വയം തന്നെ ബന്ധിച്ചിട്ട് പിന്നെ ഇനി ആരാ മോചനം ഉണ്ടാക്കി കൊടുക്കുന്നു എങ്ങനെ സാധ്യമാവും ഇവിടെ എന്താ പറയുന്നത് നലിപ്പിയതേ ബന്ധനമില്ലെന്നാണ് അത് പിന്നെ രണ്ടാമതൊരു ചോദ്യത്തിനോട് പ്രസക്തിയില്ല വീണ്ടും ചോദ്യം വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നലിപ്പിയതേ അത് ഗ്രഹിച്ചില്ലെന്നാണ് തത്വത്തെ ഗ്രഹിച്ചില്ല എന്താണ് അത് നിത്യമുക്തനാണ് ബന്ധനമില്ല എന്നുള്ള തത്വത്തെ ഗ്രഹിച്ചില്ല അനഗ്രഹിക്കാത്തടത്തോളം കാലം അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം കാലം വീണ്ടും ചോദ്യം വന്നുകൊണ്ടേ ആ ജ്ഞാനത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത് ശ്രുതിക്ക് ഇതപ്പുറം ബോധിപ്പിക്കാനില്ല ആ തത്വത്തെയാണ് ഗ്രഹിക്കേണ്ടത് അവിടെയാണ് മുഖ്യമായ മോക്ഷം ബാക്കിയെല്ലാം ഗൗണമായ മോക്ഷം നമ്മുടെ സങ്കല്പത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു മോക്ഷം ഉണ്ടല്ലോ ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഞാൻ മോക്ഷം നേടും ഇത്രാം തീയതി എനിക്ക് മോക്ഷം കിട്ടും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ശ്രുതി പ്രമാണമനുസരിച്ച് അങ്ങനെ ഒരു മോചനം ഇല്ല അതുകൊണ്ടാണ് നടക്കാത്ത ഇല്ലാത്ത മോചനം അങ്ങനെ നേടും നമ്മുടെ സങ്കല്പത്തിലുള്ള ആ മോക്ഷം അത് വാസ്തവം അത് അസാധ്യമെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് സങ്കല്പത്തിലുള്ള മോക്ഷല്ല വാസ്തവത്തിലുള്ള മോക്ഷം ആ വാസ്തവ മോക്ഷം എന്ന് പറയുന്നത് എന്താണ് സ്വസ്വരൂപം തന്നെ ആത്മസ്വരൂപം തന്നെ അത് സിദ്ധമായതാണ് സാധിക്കേണ്ടതെന്നല്ല പിന്നെ സങ്കല്പത്തിൽ മോക്ഷം കൊണ്ട് നടക്കുന്ന അവിവേകമില്ലാത്ത അവനതെങ്ങനെ കരഗതമാകും അസാധ്യമല്ല അതാണ് പറയുന്നത് ആകാശത്തിന് പറക്കുന്ന പക്ഷികളുടെ പാത ചിഹ്നം അവിടെ അവശേഷിപ്പിക്കാറില്ല എന്നെല്ലാം പറയുന്നതാണ് ജലത്തിൽ സഞ്ചരിക്കുന്ന മത്സ്യം അവിടെയും അതിന്റെ വഴി അടയാളപ്പെടുത്താറില്ല എന്നെല്ലാം മുമ്പ് വന്നില്ലേ അതാണ് പരമാർത്ഥം ആകാശ പോലെ സർവ്വഗഥസ്തം നിത്യഹൈറ്റ് ഈ പാഠകെ അവിടെയും പറയുന്നു ആകാശത്തെ പോലെ സർവ്വഗഥനാണ് നിത്യനാണ് പിന്നെ ഇതല്ല എന്നാണ് ഇപ്പം ഞാൻ ധ്യാനിക്കുന്നതോ മോക്ഷത്തിനു വേണ്ടി മലകളിൽ കയറി ധ്യാനിക്കുന്നു ഗുഹയിൽ കയറി ധ്യാനിക്കുന്നു ഗുഹ ഉണ്ടാക്കി ധ്യാനിക്കുന്നു ഇതൊക്കെ പറയുന്നത് ധ്യായതീവ ഈ ധ്യാനിക്കുന്നില്ല ധ്യാനിക്കുന്നതുപോലെ നിനക്ക് തോന്നുകയാണ് വെച്ചാൽ പോലെ അന്ന് ഞാൻ പല അഭ്യാസങ്ങളും ചെയ്യുന്നുണ്ട് ജപം തപം തപസ് ലേലായതീവ പ്രവർത്തിക്കുന്നത് മോക്ഷത്തിന് വേണ്ടി ഞാൻ ധ്യാനിക്കുന്നത് പോലെ തോന്നും മോക്ഷത്തിന് വേണ്ടി പല അഭ്യാസങ്ങൾ ചെയ്യുന്നതുപോലെ തോന്നും ഇത് പരമാർത്ഥം പരമാർത്ഥം പറഞ്ഞാൽ പൂച്ചയ്ക്ക് ഇത്രയുള്ള ചോദി പക്ഷെ ഇതാണ് പരമാർത്ഥം പറയുന്നത് ഇവിടെ വാചസനേഹികൃതാരണത്തിൽ പറയുന്നുണ്ട് ആര് ആരെ ധ്യാനിക്കാനാണ് ഏകസ്ഥത സർവഭൂതാന്തരാത്മാ ഇതാണ് പരമാർത്ഥത്തിൽ നീ എങ്കിൽ പിന്നെ എങ്ങനെ ആരെ ധ്യാനിക്കും ഈ പരമാർത്ഥത്തെ ബോധിച്ചവനവിടെ ധ്യാനിക്കാനാരുന്ന് പറവരദൂഷി ധ്യാനിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇവിടെ പറയുന്നു ധ്യായീവാ അവനിവിടെ പറയുന്ന തത്വത്തെയാണ് ധ്യാനിച്ചോണ്ടിരിക്കുന്നത് അവർ നിർത്തണമെന്നല്ല പറയുന്നത് അതല്ല പറയുന്നത് തത്വത്തിൽ എന്താണെന്നുള്ള പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ തത്വദൃഷ്ടിയിൽ കാണില്ല സത്യത്തെയും വിദ്യയേയും വൈരുദ്ധ്യമില്ലാതെ കാണണമെങ്കിൽ തത്വദൃഷ്ടിയിൽ കാണണം അവിടെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നത് പോലെ അനുഷ്ഠാനങ്ങളെന്ന് പറയുന്ന അനുഷ്ഠാനങ്ങളെപ്പോലെ ഇതാണ് തത്വം ആ തത്വദൃഷ്ടിയിൽ തത്വ നിലയിൽ നിന്നുകൊണ്ട് ഇതിനെല്ലാം കാണുന്ന കാര്യമാണ് പറയുന്നത് ആ തത്വ നിലയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ധ്യാനിക്കാം അനുഷ്ഠാനങ്ങളെല്ലാം ആകാം അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്ന പക്ഷെ തത്വം അറിയണമല്ലോ ധ്യാനിക്കുന്നവനത് അറിയും ആരാണ് ധ്യാനിക്കുന്നത് ആരെയാണ് ധ്യാനിക്കുന്നത് ധ്യാനിക്കുന്നവർ സ്വയം ചിന്തിക്കണം ആരും ധ്യാനിക്കുന്നതിന് ആരായി ധ്യാനിക്കുന്നത് രാമനാണോ കൃഷ്ണനാണോ പുരുഷനാണോ സാധകനാണോ സിദ്ധനാണോ മനസ്സാണോ ഇന്ദ്രിയമാണോ കർണങ്ങളാണോ ചിന്തിക്കണം അതോ അഹന്തയാണോ തുച്ഛമായ അഹന്തയാണോ ധ്യാനിക്കുന്നത് ഇനി ആരെയാണ് പരമാത്മാവിനെയാണോ ധ്യാനിക്കുന്നത് അത് ജീവാത്മാവിനെയാണോ അത് ചിന്തിക്കണം എന്നിട്ട് ധ്യാനം തുടങ്ങും അപ്പൊ ശ്രുതി പറയുന്നു ഏകസ്ഥത സർവഭൂതാന്തരാത്മാ ആകാശവത് സർവഗതസ്ഥ ഇതാണ് ധ്യാനവും ശരിയായ ധ്യാനം ഇതാണ് അങ്ങനെ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനം യഥാർത്ഥ ധ്യാനമാവും ഏകസ്ഥതാശ്രമ ഭൂതാന്തരാത്മാ എന്നുള്ള വിവേകമാണ് ധ്യാനം ധ്യാനിക്കേണ്ട നല്ല പറയും ധ്യാനം വിവേകമാവണം ആ ധ്യാനത്തിൽ നിന്ന് ശരിയായ സമാധി ഉണ്ടാവും വിവേകത്തിലുള്ള ധ്യാനത്തിൽ സമാധി പരമാത്മാ അവസ്ഥ മനസ്സിന്റെ അവസ്ഥയാണ് അതിനെ നേരിട്ട് എണ്ണം അത് ത്വം അസി മറ്റു വളച്ചു കെട്ടൊന്നുമില്ലാതെ ോധിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൂടെ അതിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക പക്ഷെ മുഖ്യമായി വേണ്ടത് ബോധിപ്പിക്കുകയാണ് പിതാവ് ബോധിപ്പിക്കുന്നു പുത്രൻ ഗ്രഹിക്കുന്നു അതാണ് ധ്യാനം ആ ധ്യാനത്തിന് അവലംബമായിരിക്കുന്നത് കേവലം വിവേകം മറ്റുള്ളതെല്ലാം എന്താണ് അതുപോലെ ദ്വ ധ്യാനിക്കുന്നത് പോലെ ലേലായ ദ്വീപ ഇളകുന്നത് പോലെ ചലിക്കുന്നത് പോലെ എല്ലാം ഇതി സംഭവിക്കും അതൊന്നുമല്ല വാസ്തവ വാചസന ഉദാഹരണീയത്തിലും പറയുന്നു അതുകൊണ്ട് തത്വം തത്വം നില പരമാർത്ഥം നില ബോധിപ്പിക്കുന്നു